लक्ष्यमो भगवत्ति मार्गम एने आयुत्ति जीवे जीवसिज्ञास अर्थो यशेह भागवतम आरंभिको ते सूत എന്ത് കർമ്മങ്ങളാണെങ്കിലും കർമ്മങ്ങൾക്കൊക്കെ തന്നെ ഒരർത്ഥമേ ഉള്ളൂ സ്വയം കർമ്മം ഇല്ലാതാക്കുക അല്ലാതെ കർമ്മം ചെയ്യലല്ല കർമ്മത്തിന്റെ പ്രയോജനം കർമ്മം അതിന്റെ തന്നെ വിനാശത്തിനുള്ള വിത്ത് അതിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് വരുന്നത് അത് പുതിയ വാസനകൾ ഉണ്ടാവാതെ കർമ്മം ചെയ്ത് തീർക്കാൻ കഴിയുമെങ്കിൽ കർമ്മവാസന ഒഴിഞ്ഞു പോയാൽ ശാന്തി ഉണ്ടാവും ഭഗവത് സാക്ഷാത്കാരം ആത്മജ്ഞാനം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ലളിതമായ അർത്ഥം പറഞ്ഞാൽ ശാന്തി എത്രയുള്ളൂ ശാന്തി നമുക്കൊക്കെ അറിയാം ഭക്തിയുടെയും പരമ കാഷ്ട ശാന്തിയാണ് പരാഭക്തി എന്ന് നമ്മൾ പറയണത് ശാന്തിയാണ് തഥ പരാം ശാന്തിമുപൈത്തി സാക്ഷാത് ഭാഗവതത്തില് നവയോഗ്യപാഖ്യാനം പറയുമ്പോ ഇത് പറഞ്ഞതാണ് അനേക വിധത്തിലുള്ള ഭാവങ്ങൾ ഉണ്ടാവുന്നു ഭക്തിയിൽ ആ ഭാവങ്ങളൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ എവിടെ അടങ്ങുന്നു തഥ പരാം ശാന്തി മുബൈത്തി സാക്ഷാത് പരമമായ ശാന്തി ഭക്തന്മാരെയൊക്കെ വർണ്ണിക്കുമ്പോ ഇപ്പൊ കുചേലനെ വർണ്ണിക്കുമ്പോ പുറമേക്ക് അനേക ബുദ്ധിമുട്ടുകളാണ് എന്നാലും പ്രശാന്താത്മാ ജിതേന്ദ്രിയ അകമയ്ക്ക് പ്രശാന്താത്മാവാണ് പ്രകർഷകമായ ശാന്തി അകമയുള്ള ആള് അതാണ് ഭക്തന്റെ ലക്ഷണം പുറമേക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാവട്ടെ ആരുടെ ഹൃദയത്തിൽ ഭഗവാൻ പ്രകാശിക്കുന്നുണ്ടോ അവിടെ ശാന്തി അല്ലാതെ പിന്നെ എന്തോ ഉണ്ടാവും സമൃദ്ധമായ ശാന്തി ആ ശാന്തി തന്നെ ബ്രഹ്മസ്വരൂപം ശാന്തി തന്നെ മോക്ഷം ശാന്തി തന്നെ ആത്മജ്ഞാനം ശാന്തി തന്നെ ഭക്തി ശാന്തി തന്നെ ചിത്തവൃത്തി നിരോധരൂപമായ യോഗം ചിത്തവൃത്തികൾ കുറയുന്തോറും ശാന്തി കൂടും നമുക്ക് സത്സംഗത്തിലിരിക്കുമ്പോ ശാന്തി കിട്ടണമുണ്ടെങ്കിൽ എന്തെങ്കിലും മനസ്സിലാക്കിയത് കൊണ്ടല്ല കുറച്ചു നേരം ചിത്തവൃത്തികളൊന്നുമില്ലാതെ തോട്ട് വേവ്സ് കാര്യമായിട്ടില്ലാതെ ഇരുന്നു ശാന്തി മനസ്സിലാക്കുന്നതുകൊണ്ട് ശാന്തി വരുമെങ്കിൽ ലോകത്തിലുള്ള മഹാപണ്ഡിതന്മാരൊക്കെ ശാന്തിയുള്ളവരായിരിക്കണം വലിയ വലിയ സ്കോളേഴ്സ് ഒക്കെ ശാന്തിയുള്ളവരായിരിക്കണം അങ്ങനെ കാണാറില്ല നമ്മള് അവരെ പോലെ അശാന്തന്മാരാരും ഇല്ലാതെ പലപ്പോഴും കാണും അപ്പൊ ശാന്തി അതാണ് യോഗ ചിത്തവൃത്തി നിരോധ യോഗം എന്താണ് പതഞ്ജലി മഹർഷി പറഞ്ഞു ആ ഒരേ ഒരു ഡെഫനീഷനിൽ യോഗസൂത്രം മുഴുവൻ കഴിഞ്ഞു ബാക്കിയുള്ള യോഗസൂത്രം ഒക്കെ തന്നെ ഈ ഡെഫനീഷനെ വ്യാഖ്യാനിക്കാനാണ് യോഗം എന്ന് വെച്ചാൽ എന്താ പരോഹി യോഗ മനസമാധി എന്ന് ഭാഗവതത്തിൽ ചിത്തവൃത്തി എന്ന് പതഞ്ജലി മഹർഷി ചിത്ത വൃത്തി വൃത്തി എന്ന് വെച്ചാൽ ചിത്ത തോട്ട് വേവ്സ് വിചാരങ്ങൾ വിചാരങ്ങൾ കുറയുമോറും നമുക്ക് കാണാം ശാന്തി കൂടും വിചാരങ്ങൾ എന്തുകൊണ്ട് വരുന്നു ലോകത്തിൽ ഏതിനെങ്കിലും നമുക്ക് രാഗമുണ്ടെങ്കിൽ വിചാരം വരും ധ്യായതോ വിഷയാൻപുംസഹ സംഗസ്തേഷു ഉപജായത്തെ ദീപാവളി ദീപാവലിക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു സ്വീറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുട്ടികളോട് അമ്മ പറഞ്ഞു ഇപ്പതന്നെ വേണം തോന്നുന്നു നാളെ രാവിലെയേ തരുള്ളൂന്ന് പറഞ്ഞു നാളെ രാവിലെ വരെ അതേ വിചാറം എന്താ അതിനോട് രാഗം അറ്റാച്ച്മെന്റ് രാവിലെ നാലു മണിക്ക് എഴുന്നേപ്പിച്ചു വിടും എന്ന് പറഞ്ഞു അയ്യ ഇപ്പോഴേ അതിന്റെ ടെൻഷൻ തുടങ്ങി നാലുമണിക്ക് എണീക്കണമല്ലോ തലയിലെ എണ്ണ വെച്ച് കുളിക്കണമല്ലോ രാഗം ദ്വേഷം ഉണ്ടെങ്കിൽ മനസ്സ് അതിന് അഭിമുഖമായി പ്രവർത്തിച്ചു പരീക്ഷ വരാൻ പോണു ഇതിനാ ഈ പരീക്ഷയെ ഉള്ള നമുക്ക് ഇഷ്ടപ്പെടുന്നതിന് അഭിമുഖമായിട്ട് സുഖവൃത്തി ഉണ്ടാകും നമുക്ക് ഇഷ്ടപ്പെടാത്തതിന് അഭിമുഖമായിട്ട് ദുഃഖവൃത്തി ഉണ്ടാവും ഇതാണ് നമ്മളുടെ മനസ്സ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് വൃത്തിയും എന്താവുന്നു ഇറ്റ് ഷൂഡ്സ് അവേ ഫ്രം യു സെന്റർ കേന്ദ്രത്തിൽ നിന്നും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഡിസിപ്പേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും മനസ്സ് ശാന്തമായിരിക്കണമെങ്കിൽ ഭഗവാൻ സ്ഥിതപ്രജ്ഞലക്ഷണം പറയുമ്പോ തന്നെ പറഞ്ഞു രാഗദ്വേഷുക്തേസ്തു വിഷയാനിന്ദ്രിയേശ്വരൻ വിഷ ലോകത്തിലൊക്കെ പ്രവർത്തിച്ചോളാ നാളെ പലഹാരം കിട്ടിയാൽ സ്വീറ്റ് കിട്ടിയാൽ കഴിച്ചോള പക്ഷെ അതിനെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കേണ്ട ഓരോ മൊമെന്റിലും എന്തൊക്കെ കർമ്മം നടക്കണോ ആ കർമ്മം നടക്കട്ടെ അതിനെന്തിനാ ഇപ്പോഴേ ചിന്തിക്കണം എന്നാൽ ഞാൻ നാളെ മധുരപലഹാരം കഴിക്കാൻ പാടില്ല ധാരാളമായിട്ട് കഴിച്ചോളൂ കിട്ടുന്നത് എന്താ കിട്ടിയെന്ന് വെച്ചാൽ കഴിച്ചോള പക്ഷെ ഇപ്പൊ തന്നെ അത് വേണം വേണം വേണം പരീക്ഷ വരുമ്പോ എഴുതിക്കൊള്ളുക ഇപ്പോഴും എന്തിനാണ് പേടിക്കുന്നത് ഭയപ്പെടുന്നത് ആ സമയത്ത് എഴുതിക്കൊള്ള അതിനുവേണ്ട തയ്യാറെടുത്തുള്ള രാഗം ദ്വേഷം ഇത് രണ്ടും മാറ്റിയിട്ട് പ്രവർത്തി ചെയ്യുകയാണെങ്കിൽ മനസ്സധികം ചലിക്കില്ല യോഗം എന്നുള്ളത് ഈ രാഗദ്വേഷം എടുത്തു കളയാൽ അതേപോലെ കർത്തൃത്വം ഭോക്തൃത്വം ഞാൻ കർത്താവാണ് ധരിക്കുമ്പോ ജീവിതത്തിന്റെ റെസ്പോൺസിബിലിറ്റി മുഴുവൻ എന്റെ തലയിലാണ് അപ്പൊ സദാ ചിന്തിച്ചുകൊണ്ടേയിരിക്കും എന്റെ കുടുംബ കാര്യങ്ങളൊക്കെ ആര് നോക്കും നിങ്ങളൊക്കെ പറയാം നിങ്ങൾക്ക് ഭഗവത്ഗീത ഇവിടെ വാചകം അടിച്ചാൽ മതി എന്റെ കാര്യമൊക്കെ ഞാനല്ലേ നോക്കേണ്ടത് അല്പം ശ്രദ്ധിച്ചാൽ കാണാം നമ്മളുടെ കാര്യമൊക്കെ നമ്മളാണോ നോക്കണതെന്ന് ഓരോ ദിവസവും ശ്രദ്ധിച്ചു നോക്കിയാൽ ഒന്നും അതതിന്റെ പാട്ടിൽ ഒഴുകിക്കൊണ്ടിരിക്കണം ഇത്ര കാലം ജീവിച്ച ബാക്കിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്തു എവിടെയൊക്കെയോ പോയിക്കൊണ്ടിരിക്കണം പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം സുഹൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം സുഹൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു ഭാഗവതത്തിൽ ഒരു ശ്ലോകം വരും ഈശസ് ഹി വശയെ ലോക ദാരുമയഥ പാവക്കൂത്തില് പാവകളെ പുറകില് ചരട് പിടിച്ച് വലിച്ചു കളിപ്പിക്കണ പോലെ ഭഗവാന്റെ കയ്യിൽ നമ്മള് പാവകളാണ് ഈ പാവകൾ ഓരോന്നിനും ഞാനാണ് ഡാൻസ് കളിക്കണതെന്ന് വിചാരം എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് നമ്മളുടെ ബുദ്ധിമുട്ട് മുഴുവൻ കാരണം രാഗം ദ്വേഷം കർത്തൃത്വം ഭോക്തൃത്വം ഈ രാഗദ്വേഷത്തിന് മുഴുവൻ സോഴ്സോ അഹങ്കാരം ഞാൻ കർത്ത എന്റെ കൈയിലാണ് ഹോൾ റെസ്പോൺസിബിലിറ്റി എന്റെ തലയിലാണ് പല്ലി വിചാരിക്കും അത്ര കൂര താങ്ങുന്നത് ഞാനാണ് ഞാൻ കൈവിട്ടാൽ ഈ അലുമിനിയം റൂഫ് മുഴുവൻ ചുവട്ടിൽ വീഴും ഒരു പല്ലി വിചാരിച്ചാൽ എങ്ങനെയുണ്ടാവും ഗോപുരം താങ്കി ബൊമ്മ അപിഴില് ചൊല്ലുക ഒരു ഗോപുരത്തിലെ കൊത്തി വെച്ചിരുന്ന അഴകാ അപ്പൊ കൈ അതോപുരത്തെ താങ്കൾപുരത്തിലേ കൊത്തി വെച്ചിരുന്ന എക്സ്പ്രഷൻ പാത്താ അമ്മയോപുരത്തെയേ പിടിച്ച് മാറി അത് മാതിരി തന്നെ നമുക്കും നമ്മതാ നമ്മ വാഴയ പൂരാ തൂക്കിന്മാതിരി ഉലകത്തെയേ തലയിലെ വെച്ചിട്ട് മാറി ഒരു നെനപ്പ് സകല കർമ്മങ്ങളും സകല വേലകളും ഒരു ഈശ്വര ശക്തി നടത്തി സ്വസ്ഥമാ അത് കൊടുത്തു നെമ്മതിയാക്കണം അതാ ഭക്തി അതാ ഭഗവത്ഗീത ഒരു ശ്ലോകം തരിയണ്ട ഒരു ശ്ലോകം അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും കുഴപ്പമില്ല ശരണാഗതി ശരണാഗതി എന്താ ഞാൻ കർത്താവോ ഭോക്താവോ അല്ല സകലത്തും ആ സർവേശ്വര ശക്തി നടത്തുന്നു എന്നുള്ള സൂക്ഷ്മ ജ്ഞാനമാണ് ശരണാഗതി അല്ലാതെ ശരണാഗതി ഒരു ആക്ട് അല്ല നടക്കുന്നത് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളുടെ കയ്യിൽ ഒന്നും ഇല്ല ഒക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നു യജ്ഞം അപ്പോ പ്രകൃതിയിൽ ഈ യജ്ഞം അനുസൂതം നടന്നുകൊണ്ടിരിക്കുന്നു പ്രകൃതി മുഴുവൻ യജ്ഞം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ആ യജ്ഞത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മളുടെ ജീവിതവും യജ്ഞത്തിന്റെ ശിഷ്ടമായ അമൃതം എന്താണ് ശാന്തി ശാന്തി എങ്ങനെ വരും ചിത്തവൃത്തികൾ ശാന്തി വരും ചിത്തവൃത്തികൾ എങ്ങനെ ഇല്ലാതാവും ഞങ്ങൾ കുറച്ച് മെഡിറ്റേഷനൊക്കെ ചെയ്യാന്ന് വെച്ചാൽ അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ധ്യാനിക്കുമ്പോഴോ ജപിക്കുമ്പോഴോ ശാന്തി ഉണ്ടാവും ബാക്കിയുള്ള സമയം ദൈനംദിന ജീവിതം അതിലേക്കാണ് ഭഗവാൻ സൂചന തന്നത് സ്വാർത്ഥത എടുത്തു കളഞ്ഞാൽ ചിത്തം കാര്യമായി പ്രവർത്തിക്കില്ല ഇപ്പോ ആരോ ഒരു വലിയ ഉത്സവം നടത്തുന്നു ആ ഉത്സവത്തിൽ നമ്മളും പോയി പങ്കുകൊണ്ട് പലതും ചെയ്യും പക്ഷെ നമുക്ക് ടെൻഷനൊന്നുമില്ല എപ്പോ വേണമെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് പോവാം പക്ഷെ ആ നടത്തുന്നു എന്ന് വിചാരിക്കുന്ന ആളുണ്ടല്ലോ അയാൾ ഒന്നും ചെയ്യാതെ ഒരു മൂലയ്ക്ക് ഇരുന്നാലേ അയാളുടെ തലയിൽ തലവേദന അതേപോലെ ഈ പ്രപഞ്ച മഹായജ്ഞത്തിൽ ഒരു ഭാഗമാണ് നമ്മള് അല്ലാതെ നമ്മൾ ചെയ്യണില്ല എന്ന് അറിഞ്ഞാൽ തന്നെ ചിത്തവൃത്തികൾ കുറഞ്ഞു പോകും ടെൻഷനും വൃത്തികളും ഒന്നും വരില്ല ഈ ഇത്രയൊക്കെ പറയണത് ഇപ്പൊ ഈ യജ്ഞം ഇതൊക്കെ പറയണത് എന്തിനാന്ന് വെച്ചാൽ എന്റെ ഉള്ളിൽ ശാന്തി വരാനാണ് ഉള്ളിൽ എന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിലും ശാന്തി വരാനാണ് സത്സംഗത്തിന്റെ പ്രയോജനം തന്നെ അതാണ് സത്സംഗം കഴിഞ്ഞിട്ട് ശാന്തി അല്ല ഇപ്പോഴെങ്കിലും ശാന്തി ഇത് യജ്ഞം ശാന്തി വരുന്നുണ്ടെങ്കിൽ ശാന്തി തന്നെ യജ്ഞത്തിന്റെ ഫലം ആ ശാന്തി ഭഗവാന്റെ സ്വരൂപമാണ് ശാന്തി വരണമെങ്കിൽ ചിത്തവൃത്തികൾ കുറയണം ചിത്തവൃത്തികൾ കുറയണമെങ്കിലോ ചിത്തവൃത്തികളുടെ മൂലം എന്താണ് അഹങ്കാര വൃത്തി എത്ര ചിത്തവൃത്തികളുണ്ടോ മനസ്സിൽ എത്ര വൃത്തികളുണ്ട് എണ്ണിയാലൊടുങ്ങാത്ത ചിത്തവൃത്തികളുണ്ടെന്ന് നമുക്ക് തോന്നും എന്താ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം കണക്കില് എത്ര നമ്പറുണ്ട് ഭഗവാൻ ഉള്ളതിനാ സന്ദർശനത്തിൽ ചോദിക്കും കണക്കിൽ എത്ര നമ്പറുണ്ട് ചിലർ പറയും അനന്തമായ നമ്പേഴ്സ് ഉണ്ട് കൗണ്ട്ലെസ് ചിലർ പറയും ഒമ്പത് നമ്പറുണ്ട് വാസ്തവത്തിൽ ഒരേ ഒരു നമ്പറേ ഉള്ളൂ ഒന്ന് ഒന്ന് മറ്റൊരു ഒന്നിനെ കൂട്ടിയിട്ട് രണ്ടാവണം മറ്റൊരു ഒന്നിനെ കൂട്ടിയിട്ട് മൂന്നാവണു മറ്റൊരു ഒന്നിനെ കൂട്ടിയിട്ട് നാലാവണം അനന്തമായ ഡ്രസ്സിട്ടിട്ട് നിൽക്കുകയാണ് ഒന്ന്ന്നുള്ള നമ്പർ അല്ലേ ഒന്ന്ന്നുള്ള നമ്പർ ആയിരക്കണക്കിന് ഡ്രസ്സ് കോടിക്കണക്കിന് ഡ്രസ്സ് അനന്തമായി ഡ്രസ് ഇട്ടും നമുക്കൊരു ഭ്രമം ഉണ്ടാക്കുന്നു നമുക്ക് എണ്ണിയാൽ തീരാത്ത നമ്പേഴ്സ് ഉള്ള പോലെ പക്ഷെ എല്ലാ നമ്പറിന്റെ വേഷത്തിലും ഒന്നാണോ അതേപോലെ നമുക്ക് ചിത്തവൃത്തികൾ അനേകമുണ്ട് എന്നൊരു ഭ്രമം അതെന്തിനാന്ന് വെച്ചാൽ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല എന്ന് നമ്മളുടെ ബുദ്ധിയില് ഒരു കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഒരേ ഒരു ചിത്തവൃത്തിയെ ഉള്ളു ഞാൻ വൃത്തയസ്തു അഹം വൃത്തിം ആശ്രിതാഹ മനഹ വി അഹം മനഹ അഹങ്കാരം തന്നെ മനസ്സ് വൃത്തികളൊക്കെ തന്നെ അഹങ്കാരവൃത്തി കൊണ്ട് ഗർഭിതമാണ് ഇംപ്രഗ്നേറ്റഡ് വിത്ത് ഈഗോ അപ്പൊ അഹങ്കാരത്യാഗം ചെയ്യാമെങ്കിൽ ബാക്കിയുള്ള വൃത്തികളൊക്കെ താനേ ഒടുങ്ങിപ്പോവും ആ അഹങ്കാരത്യാഗം തന്നെ യജ്ഞം പുറമേക്കുള്ള യജ്ഞമൊക്കെ ഈ ആന്തരികമായി നടക്കേണ്ട യജ്ഞത്തിന്റെ ഒരു സിമ്പലാണ് പുറമേ നടത്തുന്ന എല്ലാ യജ്ഞങ്ങളും അങ്ങനെ യജ്ഞത്തിൽ ബ്രഹ്മാനുഭവം പ്രതിഷ്ഠിതമായിരിക്കുന്നു എന്നാണ് ഭഗവാൻ ഇന്നലെ പറഞ്ഞത് നിേ പ്രതിഷ്ഠ അന്നി ഭൂത പജനയാദവ യാഭവതി പജന്യോ യദ്ഭവ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷരസമം തസ്വതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠ ഈ കുട്ടിലമായ ശ്ലോകം കൂടെ അർത്ഥം പറയാം അന്നി ഭൂത അന്നത്തിൽ നിന്നും ശുക്ലശോണിതങ്ങൾ ഉണ്ടായി പ്രാണികൾ ജനിക്കുന്നു അന്നം എങ്ങനെ കിട്ടി പർജന്യാദന്ന സംസംഭവ മഴ പെയ്യുന്നതുകൊണ്ട് മേഘത്തിൽ നിന്നും അന്നമുണ്ടായി മേഘം എങ്ങനെ ഉണ്ടായി യജ്ഞാദ്ഭവതി പർജന്യ യജ്ഞം കൊണ്ട് മേഘം ഉണ്ടാവുന്നു യജ്ഞം എന്ന് വെച്ചാൽ എന്താ യാഗയജ്ഞങ്ങൾ ചെയ്യുന്നതും യജ്ഞമാണ് പക്ഷെ ഇവിടെ പ്രകൃതി ചെയ്യുന്ന മഹായജ്ഞത്തിന്റെ ഫലമാണ് മഴ എന്നുള്ള അനുഗ്രഹം സൂര്യൻ പ്രകാശിക്കുന്നതും ഒരു യജ്ഞമാണ് വായു വീശുന്നതൊരു യജ്ഞമാണ് സമുദ്രത്തിൽ ജലമുള്ളതൊരു യജ്ഞമാണ് അത് മേഘമാക്കപ്പെടുന്നത് യജ്ഞമാണ് ഒക്കെ യജ്ഞമാണ് ഒരു മഹായജ്ഞം പ്രകൃതിയിൽ നടക്കുന്നു അതിന്റെ ആഫ്റ്റർ എഫക്ട് ആണ് നമുക്ക് കിട്ടുന്ന വൃഷ്ടി അപ്പൊ യജ്ഞാദ്ഭവതി പ്രജന്യ യജ്ഞം എവിടുന്നുണ്ടായി സംശയം എന്ത് യജ്ഞം കർമ്മത്തിന്റെ ഫലമാണ് കർമ്മം ത്യാഗരൂപമാവുമ്പോഴാണ് യജ്ഞമാവുന്നത് അതുകൊണ്ട് യജ്ഞ കർമ്മസമുദ്ഭവ കർമ്മം ആര് കർമ്മ ബ്രഹ്മോത്ഭവം വിദ്യ ബ്രഹ്മോദ്ഭവം എന്നുള്ളത് യാഗയജ്ഞം എന്ന അർത്ഥമെടുത്താൽ വേദത്തിലാണ് യാഗയജ്ഞങ്ങൾ ചെയ്യേണ്ട വിധി വിധിച്ചിരിക്കുന്നത് അതുകൊണ്ട് വേദത്തിൽ നിന്നും കർമ്മ ഉദിച്ചു അങ്ങനെയല്ലെങ്കിൽ ബ്രഹ്മോദ്ഭവം വിദ്യ എന്നുള്ളതിന് ഇവിടെ ക്ഷരബ്രഹ്മം അക്ഷരബ്രഹ്മം എന്ന് ഭഗവാൻ പിന്നീട് പറയുന്നുണ്ട് ഇവിടെ ബ്രഹ്മ എന്ന ശബ്ദത്തിനർത്ഥം ക്ഷരബ്രഹ്മം അതായത് അഹങ്കാരം ജീവബോധം എന്നർത്ഥം ഈ ജീവബോധത്തിൽ നിന്നുമാണ് കർമ്മം ഉടലെടുക്കുന്നത് എല്ലാ ആക്ഷനും വേദാന്തത്തിന് ഇത്രയേ ചെയ്യാനുള്ളൂ പുറത്ത് നടക്കുന്നതിനൊക്കെ ചുരുട്ടി തെരട്ടി തെരട്ടി കൊണ്ടുവന്ന് നമ്മളിലേക്ക് കൊണ്ടുവരണം നാരോയിങ് ഡൗൺ ദ ടോപ്പിക് എന്ന് പറയും ഈ റിസർച്ചില് എല്ലാത്തിനെയും നാരോ നാരോയിങ് ഡൗൺ ചുരുക്കി ചുരുക്കി കൊണ്ടുവരാ ചുരുക്കി കൊണ്ടുവന്ന് എവിടെ എന്നിൽ കൊണ്ടുവന്നു ഇപ്പോ ഇവിടെ ബ്രഹ്മപഥത്തിന് അർത്ഥം ക്ഷരബ്രഹ്മം എന്നാണ് എന്താന്ന് വെച്ചാൽ ബ്രഹ്മ അക്ഷരസമുദ്ഭവം എന്ന് പറയണ്ട ഭഗവാൻ പിന്നാലെ അതുകൊണ്ട് തന്നെ ക്ഷരബ്രഹ്മത്തിനെയാണ് ഇവിടെ ഭഗവാൻ ബ്രഹ്മം എന്ന പദം കൊണ്ട് പറയണത് അപ്പൊ കർമ്മം എവിടുന്നുണ്ടായി ബ്രഹ്മത്തിൽ നിന്നുണ്ടായി ബ്രഹ്മം എന്ന് വെച്ചാലോ ഇവിടെ ഞാൻ എന്നുള്ള ജീവബോധത്തിൽ നിന്നും ഉണ്ടായി ജീവബോധം വെച്ചുകൊണ്ടാണല്ലോ കർമ്മം ചെയ്യണത് യാഗയജ്ഞങ്ങൾ പൂജ ഇതൊക്കെ അതുകൊണ്ടാണ് ഭഗവാൻ മഹർഷി എന്ത് ചെയ്യുകയാണെങ്കിലും പൂജ ചെയ്യുമ്പോൾ ഭഗവാനെ എങ്ങനെ പൂജ ചെയ്യണം ഈ പൂജ ചെയ്യുന്നവൻ ആരാണ് മറക്കാതെ പൂജ ചെയ്താൽ പൂജയൊക്കെ ശരിയാവും ധ്യാനം എങ്ങനെ ചെയ്യണം ധ്യാനം ചെയ്യണവൻ ആരാണ് മറന്നിട്ടില്ലെങ്കിൽ ധ്യാനം ഒക്കെ ലക്ഷ്യത്തിലെത്തിക്കും ദാനം എങ്ങനെ ചെയ്യണം ദാനം ചെയ്യുന്നവൻ ആരാണ് ദാനം എന്നുള്ള കർമ്മം കർമ്മം എവിടുന്നു ഉടലെടുത്തു ഞാൻ കർമ്മം ചെയ്യുന്നു ഈ ഞാൻ ആര് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവും അക്ഷരസമുദ്ഭവം ഈ ക്ഷരബ്രഹ്മം അക്ഷരബ്രഹ്മത്തിൽ ഞാൻ എന്നുള്ള നിശ്ചലമായ പ്രജ്ഞയില് ബോധത്തിൽ ചെന്ന് ലയിക്കും ബ്രഹ്മാക്ഷര ആ ലയനമാണ് എല്ലാ ആക്ഷന്റെയും ഫ്രൂട്ട് ഏനകേനാ പ്യുബായേന് മനഃ കൃഷ്ണേ നി വേഷയേത് ഞങ്ങൾ എന്ത് ചെയ്യണം പാചകം ചെയ്യണം പാചകം ചെയ്തോളൂ പക്ഷെ പാചകം ചെയ്യുന്നതോടു കൂടെ മനസ്സ് കൃഷ്ണനിൽ പോകട്ടെ ഞങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യട്ടെ ജോലി ചെയ്തോളൂ ഓഫീസ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് കൃഷ്ണനിലേക്ക് പോകട്ടെ കൃഷ്ണൻ ആരാണ് അഹമാത്മാ ഗുടാകേശ സർവൂതാശയസ്ഥിത ക്ഷേത്രജ്ഞം ചാവിക്ഷേത്രേഷ ഭാരത അഥമാ ഭൂതേഷു ഭൂതാത്മാനം കൃതാലയം ഇതൊക്കെയാണ് കൃഷ്ണസ്വരൂപം കൃഷ്ണസ്വരൂപം അറിയണമെങ്കിൽ നമ്മളുടെ അകമേയുള്ള ആനന്ദഅവബോധസ്വരൂപമാണ് കൃഷ്ണൻ അപ്പൊ എന്തും എന്ത് ആക്ഷൻ നമ്മൾക്ക് ലൗകിക ജീവിതം എന്ന് പറഞ്ഞൊരു ജീവിതമേ ഉണ്ടായിരിക്കരുത് എന്നാൽ സന്യാസം എടുക്കണോ സന്യാസം എടുത്താൽ അതും ലൗകിക ജീവിതം തന്നെ കാഷായം എടുത്ത് പേര് മാറ്റി എന്തിനു ശരീരത്തിനല്ലേ ഇപ്പൊ കാഷായം എടുത്ത് പേര് അതും ലൗകികം തന്നെ ലൗകിക ജീവിതം എന്നൊന്നും ഉണ്ടായിരിക്കരുത് എന്ന് പറയുന്നതിന്റെ സീക്രറ്റ് എന്താന്ന് വെച്ചാൽ സദാ ശരീരം ലോകത്തിൽ തന്നെ കുടുംബത്തിൽപ്പെട്ട് ഒഴഞ്ഞാലും ശരി കുചേല ബ്രാഹ്മണനെ പോലെ ദാരിദ്ര്യത്തിലിരുന്നാലും ശരി കുബേരനെ പോലെ പണക്കാരനായിരുന്നാലും ശരി ഏതൊക്കെ അതിനാണ് ഭാഗവതത്തിൽ എല്ലാ ഡയമെൻഷനും കാണിച്ചത് ഒരു കൊച്ചുകുട്ടി പ്രഹ്ലാദൻ പരമദാരിദ്ര്യത്തിലിരിക്കുന്ന കുചേലൻ ധനസമൃദ്ധിയിലിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ശരീരപ്രജ്ഞയില്ലാതെ നടക്കുന്ന ശുഗബ്രഹ്മ മഹർഷി കുടുംബിനികളായ ഗൃഹസ്ഥ സ്ത്രീകളായ വിപ്രപത്നികൾ അനേകവിധത്തിലുള്ള ചുമതലകളുള്ള കുടുംബിനികളായ ഗോപസ്ത്രീകൾ വൃദ്ധയായിട്ടുള്ള ഒരു കുന്തി മരിക്കാൻ കിടക്കുമ്പോ അസ്ത്ര പഞ്ചരത്തിലൊക്കെ കിടക്കുന്ന ഒരു ഭീഷ്മര് ഇവർക്കൊക്കെ ആത്മാവിൽ നിൽക്കാമെങ്കിൽ നിങ്ങൾക്കും എനിക്കും എന്തുകൊണ്ട് പാടില്ല എന്നാണ് നേര നേരത്തിന് ശാപ്പാട് കിട്ടണോ ഒരു ടെൻഷനില്ല കുറച്ച് അടുക്കള ജോലിയെ ചെയ്യണ്ടോ അല്ലെങ്കിൽ എന്തോ ഒരു ഓഫീസ് ഇതിന്റെ നടുവിൽ എന്തുകൊണ്ട് നിന്നുകൂടാ എന്നുള്ളൊരു ചോദ്യം നമ്മളുടെ ഉള്ളിൽ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഗവതക്കാരൻ ഇത്ര കഥാപാത്രങ്ങളെ നമ്മളുടെ മുമ്പിൽ വെച്ചിരിക്കണത് നമ്മൾ ആരും രക്ഷപ്പെടാൻ പാടില്ല ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റുമോ അതൊക്കെ അറുപത് വയസ്സിന് ശേഷം വെച്ചാൽ പ്രഹ്ലാദൻ ഈ എല്ലാം ഞാൻ ആത്മാന്നൊക്കെ പറയാം പക്ഷെ ശരീരത്തിന് വേദന വരുമ്പോഴൊക്കെ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഭീഷ്മർ അസ്ത്രത്തിന് മേലെ കിടന്നുകൊണ്ട് പറയണം ഒരു വൃദ്ധ സ്ത്രീ കുടുംബ സ്ത്രീ കുടുംബത്തിലെ അനേക പ്രശ്നങ്ങളുടെ നടുവിലിരിക്കുമ്പോ പറ്റുമോ കുന്തി ഇവരൊക്കെ യജ്ഞം ചെയ്തവരാണ് മരണസമയത്തിരിക്കുന്നു ഞങ്ങൾക്കൊക്കെ എവിടെ സാർ യോഗവും ധ്യാനവും ചെയ്യാൻ സമയമുണ്ടോ എന്ന് വെച്ചാൽ പരീക്ഷത്തിന് യോഗമോ ധ്യാനമോ ചെയ്തിട്ടാണോ കിട്ടിയത് അഥവാ ആ പരീക്ഷത്തിനും അല്ല യോഗാഭ്യാസം ചെയ്യാൻ സമയമുണ്ടോ ഏഴു ദിവസത്തിലും മരണം വരാൻ പോണു എന്ന് വെച്ചാൽ പരീക്ഷത്തിനടുത്ത് ശുഖബ്രഹ്മ മഹർഷി പരീക്ഷത്തെ ഇരിക്കൂ ഞാൻ കുറച്ച് പ്രാണായാമം മുതൽ ധ്യാനം ധാരണ സമാധിയൊക്കെ പറഞ്ഞു തരാന്ന് വെച്ചാൽ അപ്പോഴേക്കും പാമ്പ് കൊണ്ടുപോകും ശുഖബ്രഹ്മ മഹർഷി പറയണത് പരീക്ഷത്തെ ഏഴ് ദിവസം ധാരാളം ഏഴ് ദിവസത്തില് ആറ് ദിവസവും ഇരുപത്തി മൂന്ന് മണിക്കൂറും അമ്പത്തിയൊമ്പത് സെക്കൻഡും കഴിഞ്ഞ് അവസാനത്തെ ഒരു സെക്കൻഡിൽ നീ എന്റെ അടുത്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം രക്ഷപ്പെടുത്താനുള്ള കാര്യം സുഖാചാര്യർ ചെയ്തതും അതാണ് പരീക്ഷത്തിന് മോക്ഷത്വം ഉള്ളത് കൊണ്ട് ഏഴു ദിവസം കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ തട്ടി നീക്കി अवसानं പാമ്പ് കടിക്കണതിന് ജസ്റ്റ് മുമ്പ് പറഞ്ഞു അഹം ബ്രഹ്മ പരംധാമ ബ്രഹ്മാഹം പരമം പദം ഏവം സമീക്ഷൻ ആത്മാനം ആത്മനി ആദായ നിഷ്കളെ ദശന്തം തക്ഷകം പാതേ ലേലിഹാനം ശരീരം വിശ്വം ചത്മന ആ സ്വരൂപത്തിൽ നിൽക്കൂ പരീക്ഷിത്തെ തക്ഷകൻ വരുന്നതും തനിക്ക് അറിയില്ല തന്റെ ശരീരവും അറിയില്ല വിശ്വവും അറിയില്ല ഒക്കെ പരമാത്മ സ്വരൂപമായിട്ട് ഒരു സെക്കൻഡും മതി എന്താന്ന് വെച്ചാൽ സത്യം അറിയപ്പെട്ട വസ്തുവാണ് അനുഭവത്തിലുള്ള വസ്തുവാണ് ഏതെങ്കിലും വിധത്തിൽ മനസ്സിനെ കൊണ്ടുപോയി ആത്മാവിൽ നിർത്തണം ഭഗവാനിൽ നിർത്തണം യജ്ഞങ്ങളെയൊക്കെ ഇവിടെ ഭഗവാൻ പതുക്കെ പതുക്കെ പതുക്കെ അങ്ങനെ ചുരുക്കി ചുരുക്കി കൊണ്ടുവന്ന് കർമ്മം കർമ്മത്തിൽ നിന്നും ക്ഷരബ്രഹ്മം ക്ഷരബ്രഹ്മത്തിൽ നിന്നും അക്ഷരബ്രഹ്മം നിശ്ചലത പൂർണ്ണത അവിടെ കൊണ്ടുവന്ന് നിർത്തി അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു സ്വഭാവമാണ് ഗീതയിലെ ഒരുപാട് തസ്മാരല്ല വാർത്തയെ തുമ്പീ പോലെ പോലെ അത് ചില പേരോട് യൂസേജ് ഒരു തട്ടി പോലെ നിലയേശൻ കൊടുത്തേ ൂകി വാറി പോല ഇപ്പൊ യജ്ഞത്തെ യജ്ഞം പറഞ്ഞത് കൊണ്ട് അതുകൊണ്ട് ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീ ാമ മോഹം പാർത്ഥ സജീവതി ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഈ ചക്രം സംസാരചക്രത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ യജ്ഞചക്രത്തിൽ കയറണം അപ്പോഴേ സംസാര ചക്രത്തിന് പുറത്തു വരാൻ ഒക്കെയുള്ളൂ യജ്ഞചക്രം എന്താ നമ്മൾ യജ്ഞം ചെയ്താൽ എന്നുവെച്ചാൽ സ്വരൂപത്തിൽ നിന്നുകൊണ്ട് കർമ്മം ചെയ്യുന്നതാണ് യജ്ഞം ഞാർക്കെങ്കിലും ഈ കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചിരുന്നു വൃത്തിയിലെ സ്വരൂപത്തിൽ നിന്നുകൊണ്ട് കർമ്മം ചെയ്യുന്നതാണ് യജ്ഞം നാൻ ഉതിയാത ഉള്ള നിലയിലെ ഇരുന്നണ്ട് പണക്കൂടോ പ്രവർത്തിയും യജ്ഞമായിടും അത് പ്രവൃത്തി അത് കർമ്മ വന്ന് ഡയറക്റ്റാ സ്വരൂപത്തിലേന്ത് വരുമേ തവരെ മനസ്സിലേന്ത് വരാത് അഹങ്കാരത്തിലേന്ന് വരാത് ബുദ്ധിയിലേന്ത് വരാതെ ഹൃദയത്തിലേന്തു വരും ഉള്ളത്തിലേന്തു വരും ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രവൃത്തി ഒക്കെ യജ്ഞമാകും അതൊന്നും നമ്മളെ ബന്ധിക്കില്ല അതാണ് അതിന്റെ എളുപ്പം ബുദ്ധിയിൽ നിന്നും മനസ്സിൽ നിന്നും എന്തൊക്കെ വരുന്നു അതൊക്കെ ബന്ധിക്കും ഹൃദയത്തിൽ നിന്ന് വരുന്നത് ബന്ധിക്കില്ല അപ്പോ ഭഗവാന്റെ മൊത്തത്തിലുള്ള മെസ്സേജ് എന്താന്ന് വെച്ചാൽ സദാ ഹൃദയത്തിലേ ഇരിക്കൂ ബുദ്ധിയിലും മനസ്സിലിരിക്കരുത് എന്നാണ് ഹൃദയത്തിലേ ഇരിക്കും ബുദ്ധി എന്തു പറയും എപ്പോഴും എനിക്ക് എങ്ങനെ കിട്ടും നോക്കിക്കൊണ്ടേയിരിക്കും മനസ്സ് എന്തു പറയും പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും എനിക്ക് കിട്ടേണ്ടത് ഇല്ലയോ ആര് കണ്ടു നഷ്ടപ്പെട്ടു പോവോ വേറെ ആരെങ്കിലും എടുത്തോണ്ടു പോവോ ഹൃദയം എന്തു പറയും ഹൃദയത്തിന് യാതൊരു അവസരവും ഇല്ല അനുഭവിക്കട്ടെ സർവേപ്പി സുഖിന സന്തേ സന്തുരാമയാണി പശ്യന്തുവൃദത്തിനെ പറയാൻ പറ്റുകയുള്ളൂ ബുദ്ധിക്ക് മനസ്സിന് ഒരിക്കലും പറയാൻ പറ്റില്ല ബുദ്ധിയും മനസ്സും എപ്പോഴും ഫോർ മീ എനിക്ക് ഹൃദയം എപ്പോഴും വിട്ടുകൊടുക്കുക ഒരു സന്യാസി വൃദ്ധനായ ഒരു സന്യാസി ഒരു കാട്ടിൽ താമസിക്കുന്നു കൂടെ ഒരു ചെറിയ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുണ്ട് ഈ ചെറുപ്പക്കാരൻ നാട്ടിലൊക്കെ പോയിട്ട് ഭിക്ഷയെടുത്തിട്ട് തിരിച്ചു വന്നു ലോകമൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നു ഗുരുവിനോട് ചോദിച്ചു ഈ നാട്ടുകാരൻ എന്തിനാ വെറുതെ ഇത് ചണ്ട കൂടണത് ഇദ്ദേഹം പാവം ചണ്ട കൂടലേ കണ്ടിട്ടില്ല അപ്പൊ ഗുരുവിനോട് ചോദിച്ചു എങ്ങനെ ശണ്ട കൂടും അപ്പൊ ഗുരു പറഞ്ഞു ശരി ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് എനിക്ക് ശണ്ട കൂടണം അയാളുടെ അടുത്ത് ഒരു ആ ഭിക്ഷാപാത്രത്തിനെ ഗുരു വാങ്ങിച്ചിട്ട് പറഞ്ഞു ഇത് എന്റെ അപ്പോ ഈ ശിഷ്യൻ പറഞ്ഞു അതിനെന്താ ഗുരു സ്വാമി എടുത്തോളൂന്ന് നിനക്ക് പഠിപ്പിച്ചു തരാൻ പറ്റില്ല നിനക്ക് ഷണ്ട എന്താണെന്ന് പഠിപ്പിച്ചു തരണെങ്കിൽ ഇത് എന്തിന് പറഞ്ഞാൽ അല്ല എന്തിയാണോന്ന് പറയണം അപ്പോ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ശണ്ട കൂടിക്കൊണ്ടേ ഇരിക്കാം അല്ല അഗ്രഹാരങ്ങൾ ഗ്രാമങ്ങളിലെല്ലാം തരും ഇപ്പൊർക്കോ തരും അത് മുന്നാലെയെല്ലാം ഒരു ഭൂഷണിക്കാ വാങ്ങിയച്ച അതിൽ രണ്ട് പാതി എടുത്തിട്ട് ഒരു പാതി അവൾക്ക് ആശ്ലാദക്കാരാകുമ്പോൾ അധികമാ എടുത്തിട്ട് കൊടുത്താൽ അവർക്ക് ഒരു വാരം ചണ്ട പോട്ടുവാശ്മീർ പ്രോബ്ലം എത്ര കാലം അല്ലേ ഭഗവാനേ മതിയായി തോന്നുന്നു അവസാനം എല്ലാത്തിനെയും കൂടി എല്ലാ ദ്വേഷത്തിനും മൂല എന്താ എന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഐ വിട്ടുകൊടുക്കലാണ് യജ്ഞം വിട്ടുകൊടുക്കുന്നത് എന്താ ഹൃദയപൂർവം ഹൃദയപൂർവം അല്ലാതെ ടോളറൻസ് അല്ല അങ്ങനെ ജീവിക്കുന്ന യജ്ഞചക്രത്തിൽ കയറുകയാണെങ്കിൽ അവന്റെ ജീവിതം സമ്പൂർണ്ണമാവും എല്ലാവർക്കും ആര് ജീവിക്കുന്നു ലോകമംഗളത്തിന് വേണ്ടി ആര് ജീവിക്കുന്നു അയാളുടെ ജീവിതം സമ്പൂർണമാവും അല്ലെങ്കിലോ ഭഗവാൻ പേരു കൊടുത്തു അയാൾക്ക് അഘായുഹു അയാളുടെ ആയുസ് ഉണ്ടല്ലോ ഓരോ ശ്വാസോച്ഛ്വാസവും പാപം നിറഞ്ഞതാണ് ഇന്ദ്രിയാരാമഹം എന്തുകൊണ്ട് അയാൾ അങ്ങനെ ജീവിക്കുന്നു എന്റെ സുഖം ഇന്ദ്രിയാരാമ ഇന്ദ്രിയങ്ങളുടെ സുഖത്തിനു വേണ്ടിയാണല്ലോ മറ്റുള്ളവരെ തട്ടിപ്പറിക്കണതും ഒക്കെ ഇന്ദ്രിയാരാമ പാർത്ഥ സജീവതി അവൻ ജീവിക്കുന്നത് തന്നെ വ്യർത്ഥമാണ് നേരെ ഹൃദയത്തിലേ ജീവിക്കുന്നവൻ സദാ ആനന്ദത്തിലിരിക്കുന്നു അയാൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ട് ആനന്ദം അനുഭവിക്കണമെന്നില്ല എപ്പോഴും ആനന്ദത്തിലിരിക്കും അയാൾക്ക് പുറത്തുനിന്നൊന്നും